ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തേഹിമൂർത്തേ നമ യന്തം നരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന വർ നവതി പുരുഷോ നസം നീക്കം നൈവാരം നി ജനിമരണം നാപം തും നോ തഹജ സമരസം സദ്ഗുരും തം നമാ സദാശിവസമാരംഭാര്യമധ്യമാസ്മദാര്യപര്യ വന്ദേ ഗുരുപരംപരാ മൗനവ്യഖ്യകട്രഹ്മത്തും യുവാന വർഷിഷ്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ട ആചാര്യേന്ദ്രം കരകളിച്ചചിന്മുദ്രമാനന്ദമൂർത്തി स्वात्म मुदित वदनम दक्षिण मूर्तिमीडे वेद विभासकायेत शांताय सन्यासी नानावादिगेन्द्र सव योगींद्रवंद मोहधध्वादिवाकर भगवत्दाता തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനി അപാരസിത്സുഖപരിരാശേ യോർമാത്രം ഭുവനം സമസ്ത ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീനം ഹൃദ ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിസ്തി हंत भावसुक्तिसम सिद्धात्सद्भाव भावुत कुधिया दृष्ट्वात्मत्म सोहम स्फूर्तिदया अरुणाचलशिवूर्णो विभाति स्वयं करुणापूर्णसुधाधे कबितघन विश्व കിരണവല അരുണാചലവപരമാത്മൻ അരുണോ ചിത്രകുവിസായം ഭൂ സ്ഥിരമേതച്ചിത്രൃഹിത്മതയാൃത്യശി വോ തേ വദി ഹൃദയം നാമ അഹമിതി കിട്ട ആയാദീഷ്യവിഷ്ടയാമലധിയ അവഗമ്യ സ്വം ൂപ്പം ശാമ്യരുണാചലിനീവാധ്യക്ഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസാത്ത പശ്യത്തി അരുണാചലത്യ മഹീയം തേ ർപ്പനസാ പശ്യൻ സർവൃതി ത സതതും ഭജത്തെ അനന്യീ സജയത്യുചലത്യി സുഖേ മഗ്ന ശോണപ്രഭം സോമകലാവതംസ പാണിസ്ഫുരത് പഞ്ചശരേക്ഷപം പ്രാണപ്രിം നൗമുണേ കോണത്രയസ് കൂലദൈവതം നഹി യാമി കാളംകൃതകുന്താ ഭസണസുധാനദീ ചൂടോത്തംസിത ചുക്കലി ചഞ്ഞ് ഭസ്വരോ ലീലാദഗ്ധവിലോലകാമശലഭശ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിര പ്രാഗ്ഭാരമുച്ഛാടയൻ ചേട്ട സദ്മനിഗി chandra ജവവദുജേസ്കും സിധി സിധി കിയാകാ ചന്ദ്രസമാനക്കാതിവദാതിരാചസ്തു മൂക്കാനമൊപ്പതി സുരധുനീനി കാശവാഗവൈഭവം ശ്രീകാഞ്ചീനഗരീവിഹാര सताम एका ശോകാഹന്ത്രീ സേകാ പുണ്യപരംപരാ പശുപത്തെ ആകാരിണീ രാജത്തെ യോന്ത് പ്രവിശ്യ മമവാചയിമാസുക്ത സഞ്ജീവയ ഖിലശക്തിധനസ്വതാ അനാശഹശ്രവണത്ഗാദീൻ പ്രാണന്നോ ഭഗവത്തെ പുരുഷാ യുഭ്യ രി ഓ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ ഭഗവത്തധ്യ नमोस्तुते व्यास विशाल അമ്പ റുസന്ദി ഭഗവത്ഗീത നമോസ്തു തേവ്യാസവിശാലുദ്ധി ഫുല്ലപ്പത്രേത്രയാ ഭാരതൈലപൂർണ ज्ञानमय ജാനമയ प्रपन्न പ്രപ്പന്നിജാത स्त्रेत्रैकमुद्रा कृष्णा गीतामतुहे नमह सर्वोपन गाव दुग्धा गोपालंदन पार्थो वत्सुर्भोक्ता दुग्ध गीतामृतम महति वसुदेवुत दंसचाणूरमर्दनम देवकी ंद वे जगद्गु मूकं कंगुम लंघयते गिरी यम वंदे परमाधव युेन्द्ररुद्रमु स्तुवती दिव्य േൈസക്രമോപനിഷദൈർഗായമഗാ ധ്യനവസ്ഥ മനസാ പശ്യോ യം ന വിദുസുരാഗണ തസ്മൈ നമ പാർസാരഥി ശ്രാവയ ശുഭം ഗിരം പാർത്ഥയാർത്തിഹരോ ദഹ കൃപൂർത്തി സാതുനഹരി ഓ गीता भगवदगीता गीत पन्ाते अद्याय भक्ति योग अदय एष्ट भक्ति भक्ति भक् വ്യാഖ്യാനിക്കാൻ പുറപ്പെടുകയല്ല ചെയ്യണത് നാരദ ഭക്തി സൂത്രം എന്ന് ഭക്തിക്ക് നാരദന്റെ വ്യാഖ്യാനം കൊടുത്തുകൊണ്ടുള്ളൊരു സൂത്രം പതഞ്ജലി യോഗസൂത്രം ബാതരായണന്റെ ബ്രഹ്മസൂത്രം അതുപോലെ നാരദഭക്തിസൂത്രം യോഗസൂത്രത്തില് യോഗം എന്താണ് ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തികളെ നിരോധിക്കുന്നത് യോഗം എന്നൊരു ഡെഫനിഷൻ കൊടുത്തു ബ്രഹ്മസൂത്രത്തിലെ ജന്മാദ്യസ് ചെയ്യത്ത ഈ കാണപ്പെടുന്നതൊക്കെ ഏതിൽ തോന്നി ഉദിച്ച് നിന്ന് അസ്തമിക്കുന്നുവോ അതാണ് പരമസത്യം ബ്രഹ്മം എന്ന് ഡെഫനിഷൻ കൊടുത്തുകൊണ്ട് അതാതോ ബ്രഹ്മജിജ്ഞാസ എനിക്കൊന്നും കേൾക്കണില്ല കേട്ടോ നിങ്ങളുടെ ഒന്നും കേൾക്കണില്ല നിങ്ങൾക്ക് കേൾക്കണ്ടോ എനിക്ക് കേൾക്കണില്ല ഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി ഭക്തിക്ക് വ്യാഖ്യാനം ഒന്നും കൊടുത്തില്ല മറ്റുള്ളതിലൊക്കെ ബ്രഹ്മത്തിനെ ജിജ്ഞാസിക്കാം യോഗ ആദേശ എന്നാണ് പറഞ്ഞത് യോഗത്തിനെ ആദേശിക്കണം ആജ്ഞ പോലെയാണ് ബ്രഹ്മത്തിനെ അറിയാൻ ജിജ്ഞാസിക്കുക അതാതോ ഭക്തിയും വ്യാഖ്യാസ്യാമ നാരദൻ പറയണത് ഉള്ള ഭക്തിയെ വ്യാഖ്യാനിച്ച് കാണിച്ചു തരാം അപ്പൊ ഭക്തി എന്താണ് എന്ന് ഒന്ന് പറയാൻ പുറപ്പെടുകയാണ് ഡെഫനിഷൻ ഭക്തിക്കൊരു നിർവചനം നിർവചനം കൊടുക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കൊടുക്കണം നാരദൻ നിർവചിച്ചു അനിർവചനീയം പ്രേമസ്വരൂപം ഇൻഡിഫൈനബിൾ ഡെഫനിഷൻ കൊടുക്കാൻ സാധിക്കില്ല നിർവചിക്കാൻ സാധ്യമല്ല ഭക്തിയെ നിർവചിക്കാൻ നാരദമഹർഷി തന്നെ ഒരുങ്ങിയില്ല അനിർവചനീയം എന്ന് പറഞ്ഞു പക്ഷേ എല്ലാവർക്കും അതറിയാം നമ്മൾ വളരെയധികം പ്രചരിപ്പിക്കുന്നതാണ് ഭക്തി വളരെ സുലഭമാണ് സരളമാണ് എല്ലാവർക്കുമുള്ള മാർഗമാണ് ഏതായാലും ആ ഭക്തിയെ ആണ് ഭഗവാൻ ഇവിടെ ഗീതയിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പറയണത് അഭേദാനന്ദ സ്വാമി ഈ അധ്യായം മാത്രമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട് നാമസങ്കീർത്തനത്തിനൊരു അടിത്തറ കൊടുക്കാൻ ഭഗവത് പ്രേമത്തിനെ ഉദ്ദീപ്തനാ ഉദ്ദീപ്തമാക്കാനായിട്ട് വളരെയധികം അനുകൂലമായ അധ്യായമായതുകൊണ്ട് ഈ അധ്യായത്തിനടുത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിലേക്ക് പ്രവേശിക്കണത്തിനു മുമ്പ് इन मोड़े भगवा नोकिया कध्यम विश्वरूप दर्शन योग पदा अध्यम विश्वरूप दर्शन योग अर्जुन भगवा विश्वरूपम का അടുത്ത ചാപ്റ്റർ അടുത്ത അധ്യായമാണ് ഭക്തിയോഗം അതിനു മുമ്പ് വിശ്വരൂപ ദർശനത്തിൽ അവസാനമായിട്ട് അമ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഭഗവാൻ ഒരു ഡിക്ലറേഷൻ ചെയ്യാണ് ഒരു अभिप्रा तीरचुआ नाह वेदे न तपसा न दान न चज्जया शक्य एवं विधो द्रुम दृष्टवानसी मक्तिया अनया शक्य अहम अर्जुन ज्ञा द्रु त प्रवेम्च परंत ഹേ അർജുന നീ ഇപ്പൊ കണ്ട പോലെ എന്നുവെച്ചാൽ വിശ്വത്തിനെ മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കണ്ടു കണ്ടതുകൊണ്ട് അർജുനൻ തൃപ്തനായില്ല സന്തുഷ്ടനായില്ല അർജുനൻ തന്നെ പറയുന്നു എനിക്ക് സന്തോഷമില്ല ഭയമാണ് തോന്നണത് വേദന തോന്നുന്നു വിഷമം തോന്നുന്നു പേടി തോന്നുന്നു अर्जुन विश्व भगवत्व का अर्जुन में भय तोना एरीपाक भगवां और सूत्रपणि अर्जुन भागवत पूर्ण जीवन मुक्तने वर्णिको भागवतोत्में वर्णिको पर भगव जगत मुगवत्व का कंवायुम सलि महिम ज्योतिमशिवा दिशोद्रुमा सरत्सुद्राश हरे शरीर यूत प्रण जगत् मुगवत्व प्रपंचम विश्व मुगवत्व का അനന്യമായിട്ട് നിന്നുകൊണ്ട് കാണുന്നു അതിൽ നിന്ന് താനും അന്യമല്ല പക്ഷെ ഇവിടെ അർജുനന് താൻ അന്യമായിട്ട് നിന്നുകൊണ്ട് കണ്ടിട്ടാണ് പേടിക്കണത് താനൊരു വ്യക്തിയായി നിന്നുകൊണ്ട് കാണുമ്പോൾ തന്നെ ഇല്ലാതാക്കി തീർക്കുന്നതായിട്ടുള്ള ആ സംഹാരൂപം കണ്ട് ഭയപ്പെട്ടു സന്തുഷ്ടനായില്ല ഇപ്പൊ ഭഗവാൻ പറയണത് അനന്യഭക്തി കൊണ്ട് വേണം ഇതിനെ അറിയാനും ഇതിനെ മനസ്സിലാക്കാനും ഇതിനെ കാണാനും ഇതിലേക്ക് പ്രവേശിക്കാനും ഞാത്തും ദ്രഷ്ടുംച്ച് തത്വേന പ്രവേശും ചീപ്പിവിടെ നിൽക്കട്ടെ എന്താണ് അറിയാനുള്ളത് എന്താണ് കാണാനുള്ളത് എന്താണ് പ്രവേശിക്കാനുള്ളത് എന്തിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ഗീതാ ക്ലാസ്സിലേക്ക് ഗീതാ പാഠത്തിലേക്ക് വന്നിരിക്കുമ്പോ തന്നെ എന്തോ അറിയാനുള്ള ആകാംക്ഷയോടെയാണ് നമ്മൾ ഇരിക്കുന്നത് ഭക്തി എന്താണ് അറിയാനുള്ള ആകാംക്ഷയോ അല്ലെങ്കിൽ ഭഗവാനെ അറിയാനുള്ള ആകാംക്ഷയോ ഭഗവാനെ അനുഭവിക്കാനുള്ള ആകാംക്ഷയോ ജിജ്ഞാസയോ എന്തോ ഒന്നും ഇരിക്കുന്നത് ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഈ അധ്യാത്മം എന്നുള്ള ഈ ലോകത്തിലേക്ക് തന്നെ നമ്മൾ വരില്ല സ്പിരിച്വൽ ഫീൽഡിലേക്ക് തന്നെ വരില്ല വരുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും ഇതെങ്ങനെ സാധിക്കും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എങ്ങനെ या वेद पढ़ा सा तपस्व धारा सोश्यल सर्वीस्ट कई पण दाना साो अल यागम यज्ञ वेल्पे साधू भगवा आद्यम तेने पर नो पर नाह वेद न ना तपस न दानेन न चइज्जया शं विधो दृष्ट പുതിയതായിട്ട് വരുന്നവർക്കായതുകൊണ്ട് ഒരു ഒരു ഇൻട്രഡക്ഷൻ ഒന്നുകൂടെ ചെയ്യാം നമ്മൾ അന്വേഷിക്കുന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മള് ഭഗവാനെ അന്വേഷിക്കണമുണ്ട് ഭഗവാൻ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക രൂപത്തിലോ ഭാവത്തിലോ മാത്രമല്ല പൂർണ്ണതയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് പൂർണ്ണത്വത്തിനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് കണ്ടെത്തുന്നവരെ നമുക്ക് മറ്റൊന്നും കൊണ്ടും നമ്മൾ തൃപ്തരാവില്ല സമാധാനമായിട്ട് ഇരിക്കാനൊട്ട് സാധിക്കൂല എന്തൊക്കെ തന്നെ നേടിയെടുത്താൽ എന്തൊക്കെ നേടിയെടുത്താലും വീണ്ടും ഈ വിശപ്പ് ഈ ദാഹം മുള്ളിലുണ്ടായിക്കൊണ്ടിരിക്കും ോകത്തിൽ മുഴുവൻ കാണുന്ന എല്ലാ വിധത്തിലുള്ള വിഷമത്തിനും മനുഷ്യന്റെ അത്യാർത്ഥിക്കും എല്ലാത്തിനും കാരണം വേഗമായിട്ടുള്ള ഈ ഒരു വിശപ്പാണ് ഒരു ദാഹമാണ് അവ്യക്തമായിട്ട് ഈ ഒരു പോരായ്മ ഒരു കുറവ് ഉള്ളിലുണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആ കുറവ് നികത്താനായിട്ട് ശ്രമിക്കുകയാണ് എവിടെയോ ഒരിടത്ത് വന്ന് ഫുൾ സ്റ്റോപ്പാകണം അവസാനിപ്പിക്കണം നിറവ് വേണം നിറഞ്ഞു നിൽക്കണം അതിനാണ് നമ്മൾ എല്ലാം കൊണ്ടും ശ്രമിച്ചു നോക്കണത് പരീക്ഷിച്ചു നോക്കണത് ലോകത്തിലൊക്കെ വഴിമുട്ടിക്കഴിയുമ്പോ എവിടെയെങ്കിലുമൊക്കെ ഒരു മെഡിറ്റേഷൻ വല്ല പുസ്തകമോ വല്ലതുമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങടൊക്കെ വരും ഇവിടെ വന്നിട്ട് നമ്മൾ പൊലയെ പുസ്തകങ്ങളും വായിക്കും പലവിധ മാർഗങ്ങളിലും യത്നം ചെയ്തു നോക്കും കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക് ശരിക്കേ പല മാർഗങ്ങളിലും നമ്മൾ പരിശ്രമിച്ചു നോക്കും അതൊക്കെ കഴിഞ്ഞിട്ടും തളർന്ന് പരിശ്രമങ്ങളും കഴിഞ്ഞ് തളർന്നിട്ട് ആളുകൾ പറയാത്തൊന്നും സാധിക്കണില്ല ഇരുപത് വർഷമായി ഞാൻ നാമം ജപിക്കണോ മുപ്പത് വർഷമായി യോഗ പരിശീലനം ചെയ്യണം കുറെ കാലമായി ഞങ്ങൾ വേദാന്തവും ഉപനിഷത്തുമൊക്കെ പഠിച്ച് വിചാരം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കണം എന്തൊക്കെയോ ഉപാസനകൾ ചെയ്തു എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉദ്ധവര് തന്നെ ഭാഗവതത്തിൽ ഭഗവാനോട് പറയണം ഇനി എനിക്കൊരു ടെക്നിക്കും പറയരുതെന്നാണ് കൃഷ്ണന്റെ അടുത്ത് ഉദ്ധവർ പറയാണ് ഇനി എന്റെ അടുത്ത് ഒരു മെത്തേഡും പറയേണ്ട ഒരു മാർഗവും പറയേണ്ട കാരണം ഞാൻ തന്നെ കുറേയൊക്കെ പരിശ്രമിച്ച് പരാജയപ്പെട്ടു മാത്രല്ല ഈ പരിശ്രമിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ട് തന്നെ എനിക്കിപ്പോ മതിയായി പ്രായശ പുണ്ടരീകാക്ഷ യോഗിനോ യുജത്തോ മനഹം വിശീദന്തി അസമാധാന മനോനിഗ്രഹ കർഷിത മനോനിഗ്രഹത്തിന് പരിശ്രമിച്ച് യോഗികളൊക്കെ കടന്ന് വിഷമിക്കണതും പലവിധത്തിൽ ബുദ്ധിമുട്ടണതും ഞാൻ കണ്ടു ബുദ്ധിമുട്ടുകയാണേ ബുദ്ധി പൂട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ കഴിയാതെ നിൽക്കാം അപ്പൊ പല പരിശ്രമങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ചോദിക്കുന്നത് എന്താ സാധിക്കാത്തത് ഇത്രയൊക്കെ ഞാൻ പരിശ്രമിച്ചു എന്തുകൊണ്ട് എനിക്കിനിയും ആ പൂർണ്ണത നമ്മളതിനെന്തെങ്കിലുമൊക്കെ പേര് പറയും ഭഗവാനെ കാണാൻ സാധിച്ചില്ല ബൗദ്ധന്മാരാണെങ്കിൽ നിർവ്വാണം നേടിയില്ല യോഗികളാണെങ്കിൽ എനിക്ക് സമാധി അനുഭവം ഉണ്ടായില്ല എൻലൈറ്റൈൻമെന്റോ ഉണ്ടായില്ല ഇതൊക്കെ പുതിയ വാക്കുകളാണ് ഇതൊന്നും കിട്ടിയില്ലല്ലോ ഇതെങ്ങനെ കിട്ടും എനിക്ക് ഭക്തി വരണില്ലല്ലോ ചില അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് നമ്മൾ അന്വേഷിക്കണ വസ്തുവിനെ നമുക്ക് തന്നെ വല്ല ആശയമില്ലാതെ നമ്മൾ അന്വേഷിക്കില്ല നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാള് ഇങ്ങനെ തെറിയാം എന്താ തെരയണ വെച്ചാൽ ഒരാളെ തെറിയണം ആരെയും അറിയില്ല അങ്ങനെ തെരഞ്ഞാൽ എന്ത് പറയും അയാൾക്ക് എപ്പോഴെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മൾ തെരഞ്ഞുണ്ടെങ്കിൽ തന്നെ എന്തോ നമുക്ക് അവരെക്കുറിച്ച് അറിയാം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അന്വേഷിക്കണത് അല്ലെ അതേപോലെ നമ്മൾ അന്വേഷിക്കുന്ന വസ്തുവിനെ കുറിച്ചൊരു ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു ടേസ്റ്റ് ഒരു രുചി നമ്മളുടെ ഉള്ളിൽ എവിടെയോ കിടന്നിട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷണം ഒന്നും ഉണ്ടാവില്ല എവിടെയോ അന്വേഷണത്തിന് ആ രുചി ആ സുഖം എവിടെയോ കിടക്കണുണ്ട് അത് വെച്ചുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത് അത് അന്വേഷിക്കുന്നതിന്റെ രീതി എന്താന്ന് വെച്ചാൽ ലോകത്തിലുള്ള ഒരേ പ്രോസസ്സാണ് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അതാണല്ലോ ലോകത്തിലെ പദ്ധതി അതേ പദ്ധതിയാണ് നമ്മൾ ഭക്തിമാർഗത്തിലും അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലും ഒക്കെ ഉപയോഗിക്കുന്നത് അവിടെയാണ് പരാജയപ്പെട്ടു പോണത്തെന്ന് ലോകത്തിൽ അതേ പദ്ധതി അതായത് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തെങ്കിലും ചെയ്യുക ചെയ്തിട്ട് നേടിയെടുക്കുക ഈ പദ്ധതിയെ നമ്മൾ മാറ്റണ വരെ നമ്മൾ പൂർണ്ണമാവില്ല ഒരു യോഗി അപദ്ധൂതനായി നടക്കുന്ന കാലത്ത് വളരെ പ്രസിദ്ധനായി തീരുന്നു അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹം കർണാടകത്തിലൊരു ഗ്രാമത്തിൽ ഭിക്ഷ എടുക്കാൻ പോയി അപ്പൊ വലിയ പണക്കാരൻ ഒരു ജമീന്ദാരുടെ വീട്ടിൽ പോയിട്ട് ഭിക്ഷ ചോദിച്ചു ഊണ് ഊണ് ചോദിച്ചു അപ്പൊ ആ ജമീന്ദാർ പറഞ്ഞു നല്ല ശരീരം ബലിഷ്ഠമായ ശരീരം ഇങ്ങനെ എന്തിനാ ഈ ഭിക്ഷ എടുത്തു നല്ല പണി വലുതുകയും ചെയ്തു ഈ വിറക് ഇവിടെ ധാരാളമുണ്ട് നല്ലവണ്ണം കീറിയിടും വിറക് കീറിയിട്ടാൽ നിനക്ക് ചോറ് തരാം പണവും തരാമെന്ന് വിറകൊക്കെ എടുത്തു കൊടുത്തു അദ്ദേഹം ഭംഗിയായിട്ട് കീറി അടുക്കി വെച്ചു അടുക്കി വെച്ചിട്ട് ഇറങ്ങിപ്പോയി അപ്പൊ ഈ ജമീന്ദാർക്ക് വിഷമായി അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം പണി ചെയ്യുന്നതും ഒക്കെ കണ്ടപ്പോഴും ഇറങ്ങിപ്പോണത് കണ്ടപ്പോഴും ഒന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോണത് കണ്ടപ്പോ അദ്ദേഹത്തിന് തോന്നി ഇദ്ദേഹം സാധാരണ ആളല്ല പുറകെ ചെന്നിട്ട് പറഞ്ഞു ഏയ് സ്വാമി നിങ്ങൾ പണി ചെയ്തിട്ട് കൂലി ഊണൊന്നും വാങ്ങിച്ചില്ലല്ലോ അങ്ങ് ഭക്ഷണം ചോദിച്ചുകൊണ്ടാണ് വന്നത് അങ്ങക്ക് ഞാൻ ഭക്ഷണം തന്നില്ല പണി ചെയ്തിട്ട് ഒന്നും കഴിക്കാതെ ഇറങ്ങി പോകണമല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ പണിയെടുക്കുന്ന അടുത്ത് ഊണ് കഴിക്കാറില്ല ഊണ് കഴിക്കണടുത്ത് പണിയെടുക്കാറില്ല നിങ്ങൾക്ക് ലോകത്തിലെ സമ്പ്രദായം എന്തെങ്കിലും ചെയ്യാ എന്തെങ്കിലും കിട്ടുക എന്നുള്ളതാണ് ഞങ്ങൾ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് ചെയ്ത് കൊടുക്കും എപ്പോഴാണോ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആരുടെ അടുത്തിങ്ങനെ ചോദിച്ചോളൂ അല്ലാതെ ഈ ഒരിടത്ത് വേണ്ടിടത്ത് കൊടുത്തിട്ട് ഇങ്ങടെ വല്ലതും വാങ്ങിക്കാം എന്നുള്ളത് കച്ചവടമാണ് ബിസിനസ്സാണ് അതാണ് അർജുനൻ ഗീത തുടങ്ങുമ്പോൾ പറഞ്ഞത് കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവ പൃഥാമിത്വാം ധർമ്മസമ്മൂഢചേത കൃപണന്റെ ഭാവ കാർപ്പിണ്യം ആരാണ് കൃപണൻ എന്ന് വെച്ചാൽ ചെയ്യുക വാങ്ങിക്കുക ചെയ്യുക വാങ്ങിക്കുക ഇത് ചെയ്യണവനാണ് കൃപണൻ കർമ്മ ഫല കർമ്മ ഫല കർമ്മ ഫല അതേ സ്വഭാവം കാരണം അധ്യാത്മത്തിൽ വരുമ്പോ ഇവിടുത്തെ പ്രോസസ് മുഴുവൻ വ്യത്യാസമാണ് അല്ലെങ്കിൽ നമ്മൾ എന്നോ സാധിച്ചെടുക്കേണ്ടതാണ് ഈ കാര്യം വളരെയധികം വിൽ പവറുള്ള ആളുകളാണ് ലോകത്തിലുള്ളവരെ അവരൊക്കെ കുറച്ച് വന്നിട്ടൊരു മെഡിറ്റേഷൻ കോഴ്സ് കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധന്മാർ ബുദ്ധന്മാരായിട്ട് മാറേണ്ടവരാണ് നാട് മുഴുവൻ യോഗാ കോഴ്സും മെഡിറ്റേഷനും പുസ്തകങ്ങളും ഇന്റർനെറ്റൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏത് പുസ്തകം വേണമെങ്കിൽ കിട്ടും ഏത് ടീച്ചറെ വേണമെങ്കിലും ഡയറക്ടായിട്ട് സംസാരിക്കാം ഇന്നത്രയധികം അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ആളുകളുടെ സാമർത്ഥ്യം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒന്നാണ് ഈ ആത്മസാക്ഷാത്കാരെങ്കിൽ ഇന്ന് നാടിനീള ജ്ഞാനികളും യോഗികളും അവതൂതന്മാർ നടക്കേണ്ടതാണ് സംതൃപ്തരായിട്ടുള്ളവരെ കാണേണ്ടതാണ് അങ്ങനെ കാണാത്തത് തന്നെ എന്ന് ഇല്ലെന്നല്ല അർത്ഥം പക്ഷെ സാമർത്ഥ്യം കൊണ്ട് നേടിയെടുത്ത് ഞെളിയാൻ ഒരു പദ്ധതി ഇവിടെ ഇല്ല മനുഷ്യന്റെ സാമർത്ഥ്യം മുഴുവൻ പരാജയപ്പെടുന്നത് ഈ അധ്യാത്മ മണ്ഡലത്തിലേക്ക് വരണം വരുമ്പോഴാണ് കാരണം ഇവിടെ ഒന്നും ചെയ്തിട്ട് നേടിയെടുക്കുക എന്നുള്ള പ്രോസസ്സേ ഇല്ല അവിടെ ദയവ് ചെയ്ത് അതുകൊണ്ട് ഈ സത്സംഗത്തിലിരിക്കുമ്പോൾ ആദ്യം പുതിയതായിട്ട് കേൾക്കുക ഈ ബ്രഹ്മവിദ്യ ആത്മവിദ്യ അല്ലെങ്കിൽ ഭക്തി എന്ത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ ഏതൊന്നാണോ നമ്മളെ പൂർണ്ണമാക്കണത് ശാസ്ത്രം വളരെ പുതിയ ശാസ്ത്രമാണ് ലോകത്തിലുള്ള ഒന്നും പോലെയല്ലാതെ യാതൊന്നും പോലെയല്ല ഒരു വശത്ത് ഏറ്റവും എളുപ്പമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊന്നും ചെയ്യണ്ട വേറൊരു വശത്ത് ഏറ്റവും ബുദ്ധിമുട്ടാണ് കാരണം നിങ്ങളുടെ സാമർത്ഥ്യം മുഴുവൻ അവിടെ മൊനമ്പ് പൊട്ടിപ്പോകും പരാജയപ്പെട്ടു പോകും ും മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് തുടങ്ങാം എന്തെങ്കിലും മനസ്സിലാവണമുണ്ടെങ്കിൽ പ്രവേശിക്കാൻ പറ്റുകയാണ് നമ്മൾ അന്വേഷിക്കുന്ന പൂർണ്ണതാണ് നേടിയെടുക്കേണ്ടതല്ല എന്ന് ആദ്യമേ പറഞ്ഞു ഇതിപ്പോ എന്റെ വാക്കല്ല നമ്മളുടെ സമ്പ്രദായത്തിന്റെ വചനമാണ് शंकर भगवत्पादन उपनिषद भाष्यमु आद्यमे पारग्राफा विद्या न उत्पाद ई ब्रह्म ज्ञानमें मोक्षमें न उत्पाद न आप्यम न संस्कार्यम निकार्यम न कर्तृभोक्तृ रूप അതിലാദ്യത്തെ ഒരു വാക്ക് ന ഉത്പാദ്യം ഇത് ക്രിയേറ്റ് ചെയ്യണതല്ല എന്നാണ് ദാറ്റ് വിച്ച് കനോട്ട് ബി ഉണ്ടാക്കാൻ പറ്റില്ല എന്നർത്ഥം ഉണ്ടാക്കുന്ന സാധനമല്ല ന ഉത്പാദ്യം നേടിയെടുക്കാൻ നേടിയെടുക്കേണ്ട സാധനമല്ല ആപ്യം ഈ രണ്ടു കാര്യം എന്ന കർത്തൃഭോക്തൃ രൂപം വാ എന്റെ ഡൂവർഷിപ്പ് കർത്തൃത്വം ഞാൻ കർത്താവാണ് ഞാൻ അതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല യും ഇപ്പൊ ഈ നാല് കാര്യം പറഞ്ഞല്ലോ ഈ നാല് കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ മെനക്കട ഒന്നുമില്ല ഇത് ശരിക്കും കേട്ടാൽ തന്നെ നമ്മൾ അന്വേഷിക്കുന്ന വസ്തു ഇപ്പൊ പ്രകാശിക്കും ഈ നാല് കാര്യം നിങ്ങൾ ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നും ചെയ്യാനല്ലോ ഈ നാല് കാര്യം ശരിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ വളരെ റിസപ്റ്റീവായിട്ട് അതായത് അതിലൊരു ഇൻസൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരണാഗതി എന്താണ് ആത്മനിവേദനം എന്താണ് ഭഗവത് അനുഭവം എന്താണ് ഒക്കെ ഒരിടത്ത് തന്നെ സംയുക്തമായിട്ട് വരണത് നമുക്ക് അനുഭവ മണ്ഡലത്തിൽ കാണാം ഇത്രയും പറഞ്ഞ് ആണ് നമ്മളിപ്പോ കടക്കുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പൂർവപീഠിക പോലെ വേദം കൊണ്ട് സാധ്യമല്ലെന്നും തപസ്സുകൊണ്ട് സാധ്യമല്ലെന്നും ദാനം കൊണ്ട് സാധ്യമല്ലെന്ന് യാഗം കൊണ്ട് സാധ്യമല്ലെന്നൊക്കെ പറഞ്ഞു ഭാഗവതത്തിൽ ജഡഭരതൻ രഹുഗണൻ ഉപദേശിക്കുമ്പോ പറഞ്ഞു രഹുഗണൈ തത്തപസാ നയാതി ന ചേജയാ നിർവപണാത്ത് ഗൃഹാദ്വാ നൈവ ജലാഗ്നി സൂര്യ വിനാ മഹത്പാദരജോഭിഷേക്കും ഈ നീ അന്വേഷിക്കുന്ന ഈ വാസുദേവൻ ഉണ്ടല്ലോ ഭഗവാനുണ്ടല്ലോ ഈ ഭഗവാനെ നേടിയെടുക്കുക രഘൂഗണൈ തപസാ നാതി നയാ നിർവപണാത് ഗൃഹാന്ത്വാം നന്ദസ നൈവലാഗ്നിസൂര്യൈ വിനാ മഹത്പാദരജോഭിഷേകം തപസ്സുകൊണ്ട് സാധ്യമല്ല യാഗമുണ്ട് സാധ്യമല്ല നജ്യയാ വേദാധ്യയനം കൊണ്ട് സാധ്യമല്ല പിന്നെ എങ്ങനെ സാധിക്കും നേടിയെടുത്തവരുടെ പാദരജസ് നീ അഭിഷിക്തനാവാൻ സാധുക്കളുടെ സംഘത്തിൽ ചെന്നിരുന്ന അവരുടെ പാതതൂളി എന്ന് വെച്ചാലോ അവരുടെ പാതതൂളിയൊക്കെ വാരി കൊണ്ടുപോയാൽ കഴിവ് നടക്കില്ല പാതതൂളി കൊണ്ട് അഭിഷിക്തനാവുക എന്ന് വെച്ചാൽ അവർക്ക് ശരണാഗതി ചെയ്യ ശരണാഗതി ചെയ്ത് അറിയേണ്ടത് അറിയുക എന്നർത്ഥം ഇനിയിപ്പോ വീണ്ടും അതിലേക്ക് തന്നെ ഭഗവാൻ പറഞ്ഞു അനന്യഭക്തി കൊണ്ടേത് സാധിക്കും എന്താണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കണ ഭക്തി ഭക്തിയാതു അനന്യയാ ശക്യാ കൃഷ്ണൻ ഒരിടത്തും ഭാഗവത് ഭഗവത്ഗീതയിൽ ഭക്തിയെ ഡിഫൈൻ ചെയ്തില്ല നമ്മളിപ്പോ ഭാഗവതം ഇവിടെ കൊണ്ടുവരട്ട ഗീതയെ മാത്രം വെച്ചുകൊണ്ട് നോക്കാം ഭഗവാൻ ഇവിടെ ഭക്തിക്ക് യാതൊരു ഡെഫനേഷനും കൊടുക്കാതെ പറഞ്ഞു അനന്യഭക്തി കൊണ്ടാണ് ഇതിനെ അറിയാൻ സാധിക്കുക ഈ പൂർണ്ണതയെ നേടിയെടുക്കാൻ സാധിക്കുക ഈ പൂർണ്ണത ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ എവിടെയോ ഒരു അവ്യക്തമായി അതിന്റെ വെച്ചുകൊണ്ടാണ് ഇതിനെ അന്വേഷിക്കണത് എന്ന് പറഞ്ഞു എന്താണ് പൂർണ്ണത അതിന് ഭഗവാൻ ഡെഫനേഷൻ കൊടുത്തു എം ലബ്ധ്വാച്ച് അപരം ലാഭം അന്യത്തേന അധികം യൻ സ്ഥിത്തോന ദുഃഖേന ഗുരുണാപ്പി വിചാല്യത്തെ തം വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗ സംജിതം ഭക്തിയോഗം എന്ന് പറഞ്ഞല്ലോ ജ്ഞാനയോഗം ഭക്തിയോഗം കർമ്മയോഗം രാജയോഗം ഇതിലൊക്കെ മാറാതെ നിൽക്കുന്ന പദമാണ് യോഗം ഭക്തി കൊണ്ട് യോഗിയാവുക രാജമാർഗം കൊണ്ട് യോഗിയാവുക ജ്ഞാനമാർഗം കൊണ്ട് യോഗിയാവുക കർമ്മമാർഗം കൊണ്ട് യോഗിയാവുക തസ്മാത് യോഗീ ഭവ അർജുന ഗീതയുടെ സന്ദേശമായിട്ട് നമുക്ക് എടുക്കാം അപ്പൊ യോഗി എന്താണ് ആരാണോ യോഗി ആരാണോ ദുഃഖവിച്ഛേദം യോഗ സംയുതം ദുഃഖ സംയോഗവിയോഗം ദുഃഖം ഇല്ലാതാവണതാണ് യോഗം എന്നാണ് കൃഷ്ണന്റെ ഡെഫിനിഷൻ ശോക നിവൃത്തി ദുഃഖമില്ലാതാവുന്ന അവസ്ഥ ശ്രദ്ധിച്ച് കേൾക്കണം ദുഃഖമില്ലാതാവൽ എന്താണ് ഈ ദുഃഖമില്ലാതാവൽ നമുക്ക് ധാരാളം പണം കിട്ടിയാൽ ദുഃഖമില്ലാതാവോ പണക്കാരെയൊക്കെ ലോകത്തിൽ അന്വേഷിച്ചു നോക്കൂ ഒരു പരീക്ഷണം ചെയ്തു നോക്കൂ ശരിക്കും ഒരു ശാസ്ത്രജ്ഞൻ ഒരു ലാബോറട്ടറിയിൽ പോയിട്ട് ഗവേഷണം ചെയ്യണ പോലെ നമ്മുടെ ജീവിതത്തിനെയും നമുക്ക് എന്തെന്തിലൊക്കെ മോഹമുണ്ടോ അതിലൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം കുഴപ്പമില്ല പരീക്ഷണ ബുദ്ധിയോടുകൂടെ പണം കിട്ടിയാൽ സംതൃപ്തിയാവും തോന്നുന്നുണ്ടെങ്കിൽ കുറെ പണക്കാരുടെ കൂടെയൊക്കെ പോയി ഇരുന്ന് താമസിച്ചു നോക്കാം വലിയ വലിയ പണക്കാരെയൊക്കെ സമീപിക്കാം അവരൊക്കെ എങ്ങനെ ജീവിക്കണമെന്ന് നോക്കുക അവരൊക്കെ സംതൃപ്തരാണോ സന്തുഷ്ടരാണോ ണാം പോയി അന്വേഷിച്ചാൽ കാണാം സംതൃപ്തരല്ല നമ്മളുടെ കോമൺ സെൻസ് തന്നെ നമുക്കൊരു കാര്യം പറഞ്ഞു തരും ദുഃഖത്തിനെ വളരെ സിമ്പിളായിട്ട് ഭഗവാൻ ഗീതയിലെ നാല് ദുഃഖം പറഞ്ഞു അതാർക്കും ലോകത്തിൽ ഇല്ലാതാക്കാൻ പറ്റിയ ജന്മദുഃഖം ജരാദുഃഖം വ്യാധി ദുഃഖം ഈ നാലു ഉള്ളവരെ നമ്മൾ എന്തൊക്കെ തന്നെ അച്ചീവ്മെന്റ് അറ്റൈൻമെന്റ് ഉണ്ടായാലും ഒരു മനുഷ്യന് മതി എന്ന് പറഞ്ഞ് തൃപ്തനാവാൻ പറ്റില്ല എല്ലാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഭഗവാന്റെ പരിഹാസച്ചിരി എന്നാണ് ഈ മൃത്യുവിനെയും വ്യാധിയേയും ഒക്കെ പറയണത് ഈ ഒറ്റ ഈ രണ്ട് ഒരു വ്യാധിയും മൃത്യുവും നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടെ നിൽക്കണുണ്ട് എന്തൊക്കെ തന്നെ എത്ര വലിയ പണക്കാരനാവട്ടെ അവന്റെ മുമ്പിൽ ഈ ചോദ്യ ഇത് വന്നാ നീ എന്തിയും നിനക്ക് പലതരം ചെയ്യാൻ പറ്റൂ നീ ഇതൊക്കെ നേടിയെടുത്തു ജീവിതം മുഴുവൻ ഓടി നടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് തീർന്നു ശരി എന്നിട്ടോ തഥയ്ക്കും നേടിയെടുക്കുന്നതോ പണം സമ്പാദിക്കുന്നതിനെയോ കുറ്റമല്ല പറയണത് നീ അതുകൊണ്ട് സംതൃപ്തനായോ അത് പ്രാരബ്ദം ഒരു വശത്ത് നടന്നോട്ടെ പക്ഷെ നിന്റെ ഉള്ളില് അതുകൊണ്ട് ഫുൾഫിൽമെന്റ് ഉണ്ടായോ ഫുൾഫിൽമെന്റ് അതാണ് വാക്കിപ്പോ ഇന്നിപ്പോ അത് ഒരുപാട് ഉപയോഗപ്പെടുത്തുന്ന ഉപയോഗിക്കുന്ന വാക്കാണത് സൈക്കോളോജിക്കൽ ബയോളജിക്കൽ ഫുൾഫിൽമെന്റ് സൈക്കോളജിക്കൽ ഫുൾഫിൽമെന്റ് ഇപ്പോ സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് എന്നും പറഞ്ഞു തുടങ്ങിയിരിക്കണോ ഫുൾഫിൽമെന്റ് വെച്ചാൽ ഞാൻ പൂർണ്ണമായി എന്നൊരു തോന്നൽ എന്നുവെച്ചാൽ ഇപ്പോ കുട്ടികൾക്കൊക്കെ പഠിച്ച് പഠിച്ച് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുമ്പോ അവസാനത്തെ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് അടുത്ത ദിവസം മുതൽ വെക്കേഷൻ ആണെങ്കിൽ അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷമുണ്ടാവും രണ്ടു മാസം പൂട്ടിയിട്ട് വരുമ്പോൾ ഒരു ഹോളിഡേ ഫീലിംഗ് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് ഇറ്റേണൽ ഹോളിഡേ എപ്പോഴും അത്രയും സ്വാതന്ത്ര്യം നീ ഒന്നും ചെയ്യാനില്ല ഒന്നും നേടിയെടുക്കാനില്ല ശാന്തി നിർവൃത്തി ഹൃദയത്തുനിന്ന് വരുന്ന നിർവൃത്തി ആരെയും ബോധിപ്പിക്കാനുമില്ല അതിനെ പൂർണ്ണമാക്കാനൊന്നും വേണ്ട അയാൾക്ക് പുറത്തൊന്നും അതൊന്നും വേണ്ട ആ ഒരു നിർവൃത്തി നിർവൃത്തിയാണ് വാക്ക് ആ നിർവൃത്തി ആണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിർവൃത്തി പുറത്തൊന്നും കൊണ്ട് കിട്ടില്ല മൃത്യു നമ്മളുടെ മുമ്പിലുള്ളവരെ നമ്മൾ എന്ത് നേടിയെടുത്താലും ഇതിന് പേടിയുണ്ടാവും കായേ കൃതാന്താത് ഭയം ശരീരമുള്ളവരെ ഉള്ള പേടിയാണ് മൃത്യുഭയം അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം തുടങ്ങുമ്പോ തന്നെ മരണത്തിന് വെച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് അവസാനിക്കുന്നത് ഒരു മരണത്തോടുകൂടെ ഒരു കല്യാണത്തോടുകൂടെ അവസാനിച്ചുകൂടെ ആളുകൾ അതുകൊണ്ടാണ് ഈ രുക്മിണി കല്യാണത്തോടെ മംഗളം എന്ന് പറഞ്ഞിട്ട് പഴയ കാലത്ത് എല്ലാ തമിഴ് സിനിമയും ഒരു കല്യാണം ഇപ്പോഴും അങ്ങനെയാണോ എനിക്കറിയില്ല ഞാൻ കാണുന്നില്ല എല്ലാ തമിഴ് സിനിമയും ഒരു കല്യാണത്തോടെ അവസാനിക്കും അത് കഴിഞ്ഞ് പിന്നൊന്നും കാണിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇനിയാണ് അപകടം തുടങ്ങാം വിഷമങ്ങളൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇനിയാണ് തുടങ്ങുക അത് ശുഭം മംഗളം അങ്ങനെ വലക്കെ അവസാനിപ്പിച്ചിടെ മൃത്യു മരണം തുടങ്ങുന്നത് എങ്ങനെയാണ് അതുപോലെ വ്യാധി ഈ രണ്ട് പ്രശ്നങ്ങളെ നമ്മള് ചിന്തിച്ച് വിശകലനം ചെയ്ത് കടന്നിട്ടില്ലെങ്കിൽ വിവേകാനന്ദ സ്വാമികൾ പറയും അടുക്കളയിൽ കയറി പാല് കുടിക്കുന്ന പൂച്ചയെ പോലെ നിങ്ങൾക്ക് സുഖം അനുഭവിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അടിവീഴുവോ അടിവീഴുവോ തല്ലുവോ തല്ലുവോ എന്ന് പേടിച്ചുകൊണ്ടേ നട്ടിക്കൊണ്ടിരിക്കും ഇതുപോലെ എന്തൊക്കെ വിഭവങ്ങൾ മുമ്പിൽ ഈ രണ്ടു ഭയവും മുമ്പിലുണ്ട് ആർക്കെങ്കിലും എന്ന് പറയൂ േര് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ക്യാൻസറാണ് ഇവർക്ക് ബി പി ആണ് അവർക്കത് കൂടി ഇവർക്ക് കുറഞ്ഞു ഇതൊക്കെ പറയുമ്പോഴും ഒരു അൺകോൺഷ്യസ് ഫിയർ നമുക്ക് വന്നു പോവോ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തിട്ട് വരും അവരിങ്ങനെ കൂടിയെന്ന് പറയും കുറഞ്ഞു എന്ന് പറയും ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് പേരെയൊക്കെ ചിലപ്പോൾ ശരി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഈ ഭയത്തിന്റെ ഉള്ളിലാണ് എല്ലാവരെയും ഇരിക്കുന്നത് എല്ലാവർക്കും ഈ ീ ഭയത്തിനെ പരിഹരിക്കലാണ് അധ്യാത്മം ഭയത്തിനെ പരിഹരിക്കലാണ് യോഗം ദുഃഖ സംയോഗിയോഗം ഈ ഭയം പരിഹരിക്കൽ പരിഹരിക്കപ്പെട്ടാലേ നമ്മളുടെ ഭഗവത്ഗീതയ്ക്കും ഭാഗവതത്തിനും പൂജയ്ക്കും നാമസങ്കീർത്തനത്തിനും ഒക്കെ അർത്ഥമുള്ളൂ ഭാഗവതത്തിന്റെ ഫലം പരീക്ഷിച്ചു പറയുന്നു ർശിതം ത്വയാന്ന് ശ്രീശുഖനോട് പറഞ്ഞു എനിക്ക് ഭയമില്ലാത്ത ഒരു സ്റ്റേറ്റിനെ ഒരു പദത്തിനെ അവിടുന്ന് കാണിച്ചു തന്നിരിക്കും ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നിഭിമ്യം ഈ തക്ഷകൻ മുതലായ മൃത്യുവിനെ ഞാൻ ഭയപ്പെടുന്നില്ല തക്ഷകന്റെ അടുത്തുനിന്ന് മാത്രമല്ലല്ലോ മരണം അല്ലേ തക്ഷകന്റെ അടുത്ത് രക്ഷപ്പെട്ടതുകൊണ്ട് ഇയാൾ മരിക്കാതിരിക്കാൻ വേണ്ടോ പിന്നെയും മരിക്കും തൽക്കാലം കർഷകൻ വിട്ടുപോയാൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ മതി അത് കഴിഞ്ഞിട്ട് അത്രയുള്ളൂ അത്രയല്ലേ ഉള്ളൂ നമ്മളിപ്പോ ഒരു വിധത്തിലേ മൃത്യു വളരെ പ്രസിദ്ധമായ ഒരു ഇൻസിഡന്റ് നടന്ന ഇൻസിഡന്റ് ഉണ്ട് നയഗ്ര വാട്ടർ നിന്ന് ഒരാൾ വീണു അയാൾ മരിച്ചില്ല എല്ലാരും പത്രത്തിൽ എഴുതി നയഗ്ര വാട്ടർഫോൾസ് എന്ന് വീണ് ആള് മരിച്ചില്ല അദ്ദേഹം ന്യൂയോർക്കിലോ മറ്റോ ഏതോ സ്ട്രീറ്റിൽ നടക്കുമ്പോ ഓറഞ്ച് തോലില് കാല് വഴുതി വീണ് തലയ്ക്കടിച്ച് ഫ്രാക്ചറായിട്ട് മരിച്ചു നയഗ്ര വാട്ടർഫാൾസ് നിന്ന് വീണ് മരിക്കാത്ത ആള് ഏതെങ്കിലും ഇതിൽ വഴുതി വീണിട്ട് മരിച്ചു പോവും അപ്പൊ മരണത്തിന് ദൈവചേതി സന്ധ്യാകാലത്ത് വന്നിരിക്കണമെന്ന് മാറണം വ്യാതി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തു വിചാരിക്കണം ഇതൊക്കെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് വിവേകാനന്ദ സ്വാമിയോട് അടുത്ത് പറയുന്നുണ്ട് വർഷിപ് ദ ടെറിബിൾ ദനോളി യു വിൽ ട്രാൻസ്ജെൻഡ് ദ ടെറിബിൾ ഭയങ്കരമായിട്ടുള്ളതിനെ മുമ്പിൽ കൊണ്ടുവന്ന് കാണുക അതെന്താണെന്ന് കാണുക നരസിംഹാവതാരം പോലെയാണ് പേടിപ്പെടുത്തും പക്ഷെ ഉള്ളത് ഉള്ളത് ആരാ നമ്മളുടെ അമ്മയും അച്ഛനും പ്രേമസ്വരൂപനുമായ ഭഗവാൻ തന്നെയാണ് അത് അറിഞ്ഞ പ്രഹ്ലാദൻ പേടിയില്ലാതെ മടിയിൽ പോയിരുന്നു അല്ലെ ബാക്കിയുള്ളവരൊക്കെ ദേവന്മാരൊക്കെ പോലും കണ്ടുപേടിച്ചു അതുപോലെ ഉള്ളൂ ഈ മൃത്യുവും അമൃതം ചെയ്യ മൃത്യുശ്ച സതസാഹം അർജുന എന്ന് ഭഗവാൻ പറയുന്നുണ്ട് മൃത്യുവും ഞാനാണ് അമൃതവും ഞാനാണ് എല്ലാം ഞാനാണ് അതറിയാനാണ് നമ്മൾ ഈ അന്വേഷണത്തിന് പോണത് ഇപ്പൊ ഞാനാണെന്ന് പറഞ്ഞാൽ ആദ്യം തീരുമാനിച്ചാൽ നമ്മൾ അന്വേഷിക്കില്ല അതുകൊണ്ട് നമ്മളിപ്പോ അന്വേഷിക്കുകയാണ് അത് എന്താണെന്ന് നമുക്കറിയില്ല ഓരോരോ സത്സംഗമും ഇതിന്റെ അന്വേഷണമാണ് ഓരോ സത്സംഗം കഴിയുമ്പോഴും നമ്മൾ ആ പദത്തിലേക്ക് വരികയാണ് സത്സംഗം കൊണ്ട് എന്തെങ്കിലും അറിയാനല്ല സത്തുമായിട്ട് സംഘം ഉണ്ടാവാനാണ് ഉള്ള വസ്തുവുമായിട്ട് ഒരു കമ്മ്യൂണിയൻ ഉണ്ടാവാനാണ് ഒരു അനുഭവ ഒരു ഐക്യത ഉണ്ടാവാനാണ് അതിനാണ് സത്സംഗം ബാക്കിയൊക്കെ പുസ്തകം നോക്കിയാൽ നിങ്ങൾ പഠിക്കാവുന്നതേ ഉള്ളൂ अपो अंदा पर जन्म मृत्यु जराव्याधि भगवान भगवा आद्य तेना വിവേകമുള്ള ആള് ഈ നാലെണ്ണത്തിനെ മുമ്പിൽ കാണുമ്പോ തന്നെ അയാളുടെ വാനിറ്റി അതായത് അഭിമാനം അതോടുകൂടെ തന്നെ ക്ഷതമായിട്ട് പോവും എന്തൊക്കെ ഞാൻ നേടിയെടുത്താലും തതയ്ക്കും തതയ്ക്കും തതയ്ക്കും തതയ്ക്കും എന്നുള്ള ചോദ്യം മുമ്പിലുണ്ടാവും ഞാൻ എവിടെ പോയി ഇരുന്നിട്ട് എന്ത് കാര്യം എന്തൊക്കെ ആയിട്ട് എന്ത് കാര്യം ഈ നാലും എന്റെ മുമ്പിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നിടത്തോളം ोक्य साम्राज्यम व्यठोपनिषत यवन आवेकियाचिकेदू ते या वेणमें तरा इम सरथा सतूर्या नीदृशालंबनिया मनुष्य शतायुषपुत्र पौत्रा गृणी വൃണീശ്വ വിത്തം ചിരജീവികാംശ ബഹൂൻ പശൂൻ ഹസ്തി ഹിരണ്യം അശ്വാൻ ഒക്കെ എന്തൊക്കെ വേണമെങ്കിൽ കുട്ടി ചോദിച്ചോളുക ഈ ഭൂമിയിൽ കിട്ടാത്തതായിട്ടുള്ള സകല സുഖങ്ങളും തനിക്ക് ഞാൻ തരാം അതിലെന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി നമ്മൾ വീണുപോകും ആ ഉപനിഷത്തിൽ പറയുന്ന മന്ത്രമായിട്ട് പറയുമ്പോൾ നമുക്ക് അറിയണില്ല അതിലെന്തെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടാൽ നമ്മൾ മോക്ഷം ഒന്നും വേണ്ടെന്ന് പറയും ഇത് എന്ന് പറയും ശിവാനന്ദ സരസ്വതി പറയും അദ്ദേഹത്തിനടുത്തൊരു ഭക്തൻ ചോദിച്ചു സ്വാമി ഈ തപസ്സൊക്കെ ചെയ്ത അപ്സര സ്ത്രീകളൊക്കെ വന്ന് നർത്തനം ചെയ്യുന്നൊക്കെ പുരാണങ്ങൾ പറയണ്ടല്ലോ അതൊക്കെ ഈ കാലത്ത് ഉണ്ടാവുമോ ശിവാനന്ദ സ്വാമി പറഞ്ഞു ഉണ്ടാവും എന്നാ എനിക്ക് തപസ് ചെയ്യണം തപസ് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ ഈ ലക്ഷ്യം വീട് പോവും ഏതെങ്കിലും ഒന്നു മതി ആ കുട്ടി അത് മുഴുവൻ വിവേചിച്ചിട്ട് പറയാണ് ശോഭാവാഹ മർത്യസ്തന്ത